അതിനാൽ സത്യമായ രാജാവായ ലാഹുസുബാനഹുഅറ്റാല അത്യണ്ണതനാണ് നിനക്ക് ദിവ്യസന്ദേശം പൂർത്തിയാകുന്നതിനു മുൻപ് ഖുർആാൻ വേഗത്തിൽ ഓതരുത് നീ പറയുക എന്റെ രക്ഷിതാവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ